നിങ്ങളുടെ രക്ഷിതാവ് മലക്കുകളോട് തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ വിശ്വാസികളെ നിങ്ങൾ ദൃഢപ്പെടുത്തുക സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം നിക്ഷേപിക്കാം അതിനാൽ അവരുടെ കഴുത്തുകളിൽ നിങ്ങൾ പ്രഹരിക്കുക അവരുടെ ഓരോ വിരലുകളും നിങ്ങൾ മുറിക്കുക എന്ന് വെളിപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക